ഇത്രയൊന്നും കഴുത്തപ്പെടേണ്ട ഒരു സംഭവവും ഇവിടെ നടന്നിട്ടില്ല ഊഹാപോഹങ്ങൾക്ക് ഇത്ര ശക്തിയുണ്ട് എന്നറിഞ്ഞുകൊണ്ട് വന്നാഹി വന്നാഹി ഞാനിത്രമാത്രം കരഞ്ഞൊരു ദിവസവും എന്റെ പ്രിയപ്പെട്ടവർ മരിച്ചിട്ട് പോലും കരഞ്ഞതിൽ കൂടുതൽ കരഞ്ഞൊരു ദിവസമായിരുന്നു എന്ന് നിങ്ങൾക്കാർക്കെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യം വരികയില്ല നിങ്ങളിപ്പോൾ അടിവരി എത്ര തലം ആക്രോഷിച്ചാലും മടിവരില്ല ഈ നാടിനെ ാവളുടെ ഒരു രാത്രി മറ്റൊരു വിളക്ക് കത്തിച്ചു വെക്കുന്ന ഒരു നിലവാരത്തിന് ഞാൻ ഒരുങ്ങുന്നില്ല നമുക്കിവിടെ ഒരു പ്രഭാഷകൻ കത്തിരിക്കുന്നുണ്ട് അദ്ദേഹം നമുക്കാവശ്യമുള്ള സന്ദേശങ്ങൾ നൽകും എനിക്കാണെങ്കിൽ ശാരീരികമായും മാനസികമായും വല്ലാതെ അസ്വസ്ഥനാണ് ഞാൻ അതുകൊണ്ട് ഞാനൊട്ട് നീട്ടി പറയാനും ആഗ്രഹിക്കുന്നില്ല ഒരിക്കൽ കൂടെ ഒരു വസീയത്ത് എന്ന നിലക്ക് ഈ റഹവാൻ വിട മുമ്പെങ്കിലും ഒരു വീണ്ടും വിചാരത്തിനൊരുങ്ങിയില്ലെങ്കിൽ ഹംസൻ ഗദംസിക്ക ഇതോടിയാൽ തുന്നിയും പറയേണ്ടി വരും അതുകൊണ്ട് ഇതൊക്കെ ഞാനിവിടെ ബാക്കി വെക്കുകയാണ് എന്തൊക്കെയോ പറയാൻ ആഗ്രഹിച്ചു പറയാനുള്ളതൊക്കെ വഴിയിൽ തങ്ങി തൊണ്ടയിൽ കുരുങ്ങിക്കിടക്കുകയാണ് ഞാൻ പറയാൻ കൂടുതൽ ദീർഘിപ്പിക്കുകയോ കുട്ടി പറയുകയോ ചെയ്യുന്നില്ല എങ്കിലും ഒരു കാര്യം നമ്മുടെ നാട്ടുകാരോട് തുറന്നടിച്ച് പറയാതിരിക്കാൻ നിർവാഹവുമില്ലാത്തതിനാൽ എന്റെ ഭാഷ എന്തുകൊണ്ടോ ചില ചിലർ അതിൻ്റെ ഭാഷാർത്ഥത്തിലോ അതിൻ്റെ താരാർത്ഥത്തിലോ ഉൾക്കൊള്ളില്ലെങ്കിലോ എന്ന് ഭയന്നുകൊണ്ട് ഒരു വാചകം പറയാം മഹൽ അസോസിയേഷൻ തിരുനെല്ലൂർ എന്ന ഒരു സംഘടനയുടെ സാരജ്യമാണ് ഞാൻ ശരിയാണ് ഞാനൊരു ജനാത്യത്തിലാണ് ഇക്കാരനാണ് ഞാനത് മറച്ചു വച്ചിട്ടില്ല പക്ഷേ എൻ്റെ നാട്ടുകാരൻ്റെ ഒരു വികാരത്തിനും എന്റെ നാട്ടിന് കെട്ടിമുറിക്കുന്ന ഒരു പരിപാടിക്കും ഈ അബ്ദുൾ അദീസിനെ കിട്ടുകയില്ല എന്നും ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാറുണ്ടായിരുന്നു പിന്നെ ആണ്ടുതോറും നടക്കുന്ന ഒരു മഹോത്സവം അതിലെനിക്ക് താല്പര്യവുമില്ല അതല്ല വേണ്ടത് മറ്റൊന്ന് നമ്മിപ്പോൾ പന്നിപ്പനി പടർന്ന കാലത്താണ് പനിയറിയാതെ ചികിത്സിച്ചിട്ടും കാര്യമില്ല ചികിത്സിച്ചാൽ പനി ഭേദമാകുന്നു പനിയുടെ കാരണങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് ഇവിടെ ഒരു കൊടുക്കനിറങ്ങി നടക്കുന്നുണ്ടത് ഒരു ദിവസം പറയും അത് ഒരു വീട്ടിലെ കോഴിനെത്തുന്നു എന്നും മറ്റൊരു ദിവസം പറയും അതടുത്ത വീട്ടിൽ ആടിന്റെ കാല് കടിച്ചു എന്നു മറ്റൊരു ദിവസം പറയും അത് ഇതാ ഇന്നയാളുടെ പശുവിനെ കടിച്ചു എന്നു എന്നിട്ടോ അത് ഇന്ന പറമ്പിലൂടെ പോകുന്നത് കണ്ടു ഇങ്ങനെ ഏകദേശം ഇന്ന് ആ കൊറുക്കൻ പച്ചപ്പകൽ പ്രത്യക്ഷപ്പെട്ടോ എന്ന് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് എന്റെ മനസ്സ് പറയുന്നു ഏതായാലും ഈ കുറുക്കനാരാണ് എന്ന് കണ്ടെത്താൻ ഞാനടങ്ങുന്ന ഈ നാട്ടുകാർ കാരണവുമാർ അതിന് ബാധ്യസ്ഥരാണ് നമ്മുടെ വെച്ച് അവർക്ക് ശമ്പളവും അവർക്ക് കണക്ക് തീർക്കലും തെങ്ങ് കയറ്റവും മാത്രമല്ല സഹോദരങ്ങൾ പടക്ക തമ്പരാന്റെ നിന്ന് കണക്ക് ഒരു ദിവസമുണ്ട് നിങ്ങൾ കണക്ക് ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഹാസികോ അങ്ങനെയാണ് ആ പരാമർശം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരിക്കൽ കൂടെ പറയാനുള്ളത് ഈ മഹല് വളർത്താൻ വേണ്ടി ഈ മഹല് പടുത്തുയർത്താൻ വേണ്ടി ഈ പള്ളി ഉയരാൻ വേണ്ടി ഈ പള്ളി പണിയാൻ വേണ്ടി ഈ പള്ളിയുടെ പുതുക്കിപ്പണിയിൽ നടക്കാൻ വേണ്ടി ആ പള്ളിക്കോട് അനുബന്ധിച്ച മറ്റു കാര്യങ്ങൾ ഉയർത്താൻ വേണ്ടി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രൂപം കൊടുത്തതാണ് മഹൽ അസോസിയേഷൻ തിരുനല്ലോ ഇതിന്റെ പരിപാടി മഹല് പൊളിക്കലല്ല മൽ പള്ളി പൊളിക്കലല്ല സമൂഹത്തെ പൊളിക്കലല്ല എന്തെങ്കിലും എന്തൊക്കെയാണ് ഇവർ കാട്ടിക്കൂട്ടുക എന്ന് ആരെങ്കിലും സന്ദേഹിച്ചു പോയെങ്കിൽ അവർക്ക് ബാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സമയം വൈകിയെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഗുരുനാഥന്മാർ നമ്മുടെ ഭാര്യാസന്ധാനങ്ങൾ നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ ഗുരുനാഥൻ നമ്മുടെ ഗുരുക്കന്മാർ നമ്മുടെ കാരണവന്മാർ പലരും മരിച്ചു പോയിട്ടുണ്ട് അവരുടെയൊക്കെ പരലോകം സർവശക്തനായ തമുരാൻ സ്വർഗ സമാനമാക്കി കൊടുക്കുമാറാകട്ടെ നമ്മളെയും അവരെയും ചെറുതോസിൽ ഈ റമദാനിന്റെ പുണ്യം കൊണ്ട് അള്ളാഹു ഒരുമിച്ച് തീർക്കട്ടെ നമ്മുടെ നാടിൻ്റെ സഹോദരങ്ങളുടെ മനസ്സുകൾക്ക് ഒരു മഞ്ഞുവീഴ്ച അള്ളാഹു പ്രധാന ക്ഷിമാരാകട്ടെ നിങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രം പോരാ പ്രവർത്തിക്കണം സ്വന്തം കുഞ്ഞു കാലിക്കടിച്ചപ്പോൾ അവിടെ കിടന്ന് കൈ ഉയർത്തി പ്രാർത്ഥിക്കുക മാത്രമല്ല ചെയ്തത് മറിച്ച് സഫമറുവക്കിടയിൽ വെള്ളം എവിടെയെന്ന് അന്വേഷിച്ചോടുകയായിരുന്നു അഥവാ കർമ്മവും പ്രാർത്ഥനയും ഒരുമിച്ച് നടക്കുമ്പോഴാണ് ധർമ്മം പൂർത്തിയാകുന്നത് ഇങ്ങനെ സമ്പൂർണമായ ധർമ്മത്തിലേക്ക് സമ്പൂർണമായ കർമ്മത്തിലേക്ക് സമ്പൂർണമായ വിശ്വാസ സംഹിതയിലേക്ക് സമ്പൂർണമായ അഹൂയത്തിലേക്ക് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് എന്നെയും എന്റെ നാട്ടിലെ മഹാജനങ്ങളെയും ഞാൻ ചെയ്തുകൊണ്ട് അവരോട് വസീച്ചുകൊണ്ട് ീം അലി അബ്ദുൽ ഞങ്ങൾ കാത്തിരിക്കുന്ന നമ്മുടെ അതിഥി അബ്ദുൽ നിസാമി അദ്ദേഹം യുവ പണ്ഡിതനാണ് അദ്ദേഹത്തെ നേരിട്ട് എനിക്ക് പരിചയമില്ല എങ്കിലും നമ്മുടെ സദസ്സിനെ ധന്യമാക്കാൻ അദ്ദേഹത്തിന്റെ നാവിന് അള്ളാഹു സദശനായ അള്ളാഹു എല്ലാ അനുഗ്രഹവും ചുരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ ഈ സദോദ്യമം സർഗശക്തനായ അള്ളാഹു നാളെ അവൻ്റെ ഹസനാഥുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് മനം നൊന്ത് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ബഹുമാനപ്പെട്ട വ്യക്തിത്വത്തെ ഈ സന്ദേശത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമപ്പെടുകയാണ് പാകപ്പിഴകളുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കുകയാണ് സ്ലാമലൈക്കും വാഹ്മി വളർക്കാം